പിന്നിലായിപ്പോയ ഗ്രാമീണരോട് പറയുക കഠിനമായ കരുത്തുള്ള ഒരു ജനതയിലേക്ക് നിങ്ങൾ വിളിക്കപ്പെടും ഒന്നുകിൽ നിങ്ങൾ അവരോട് യുദ്ധം ചെയ്യും അല്ലെങ്കിൽ അവർ കീഴടങ്ങും അതിനാൽ നിങ്ങൾ അനുസരിച്ചാൽ അള്ളാഹു സുബഹാനഹൂവറ്റ നിങ്ങൾക്കുത്തമമായ പ്രതിഫലം നൽകും എന്നാൽ നിങ്ങൾ മുൻപ് തിരിഞ്ഞുകളഞ്ഞതുപോലെ വീണ്ടും തിരിഞ്ഞുകളഞ്ഞാൽ അവൻ നിങ്ങളെ വേദനയേറിയ ശിക്ഷയാൽ ശിക്ഷിക്കും